നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പാപമോചനം തേടുകയും പിന്നീട് അവനിലേക്ക് മടങ്ങുകയും ചെയ്യുക എങ്കിൽ നിശ്ചയിക്കപ്പെട്ട ഒരു കാലാവധി വരെ അവൻ നിങ്ങൾക്ക് നല്ല ജീവിതം നൽകും ഓരോ ഗുണവാനിലും അവൻറെ ഗുണഫലം അവൻ നൽകുകയും ചെയ്യും ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു വലിയൊരു ദിവസത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കു വേണ്ടി ഭയപ്പെടുന്നു